ശാത്തപാവനൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീം വ്യോമവത്വ്യേഹ ദക്ഷിണമൂർത്തേ നമ ഹരി ഓ പാർ പ്രതിബോധിതം ഭഗവത സ്വയം വ്യാസേന ഗ്രഥി തണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യീ അമ്പ റമനുസാ ഭഗവത്ഗീതണീ നമോസ്തു തേവ്യസവിശാലുദ്ധേ ഫുൽാലിന് പത്രേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലിതോണമയ പ്രദീപ പ്രിജത്രേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ീതമൃതേ സർപനിഷദോ ഗാവോ ദുധാപനന്ദന പാർോ വത്സുധീർവോക്ുഗ്ധം ഗീതമൃതം മഹത് വസുദേവുത ദംസ ചാണൂരമർദന ദേ ജഗദ്ഗുരു ൂക്കളം പങ്കു ലയേ ഗിരി യജം വന്ദേ പരമാനന്ദമാധവ്രഹ്മാവരുണേന്ദ്രദ്രമരുവി വേദസമോപനിഷദൈ ഗായമഗാ ഥത്തെ മനസാ പശ്യം യോഗിനോ യം നദുസുരാഗണ പാർസാരതിരൂപേണാവയ ശുഭം ഗിരം പാർയാർത്തിഹരോ ദൂർത്തിന ത്പാദംബുജമർച്ചയാ പരമം ം ചിന്തയാമ്യന്വഹം മീം ശരണം വ്ര വചസം മേ വിഭവം വീക്ഷാ മേദിശാക്ഷുഷീം സകരുണാ ദിവ്യൈരം പ്രാർത്ഥിതം ശംഭോ ലോകഗുരോ മദീയമനസ സൗഖ്യോപദേശം യജ്ഞം ദാനം തപസ്സം ഇതാണ് ഭഗവാൻ പറഞ്ഞുവരുന്ന വിഷയം ചിത്തശുദ്ധിക്ക് പാവനനി മനുഷ്യനാം അധ്യാത്മസാധന എല്ലാ സാധന ചിത്തശുദ്ധിക്നഃശോധനം കാര്യം പ്രയത്നേന മുമുക്ഷു വിശുദ്ധേ സതി ചൈതസ്മന് മുക്തി കരഫലാ ചിത്തം ശുദ്ധമാണ് എന്നുള്ളതിന് തെളിവ് അധ്യാത്മ രുചിയാണ് തത്വജിജ്ഞാസാണ് ധർമ്മം അർത്ഥം കാമം ഈ മൂന്ന് പുരുഷാർത്ഥവും അതായത് ശരിക്കും സദാചാരത്തോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിച്ചു എന്നുള്ളതിന് തെളിവ് ജിജ്ഞാസ ഉണ്ടാവണം ജിജ്ഞാസ എന്ന് വെച്ചാൽ ഞാത്തും ഇച്ഛ തന്റെ സ്വരൂപം എന്താണ് എന്നറിയാനുള്ള അഭിനിവേശം ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഇതാണ് ജ്ഞാനത്തിന്റെ മാർഗം ഭക്തിയുടെ മാർഗത്തില് ഭഗവാന്റെ അടുത്ത് ഭക്തി അഹൈതുകീ ഭക്തി ഒരു പ്രതിഫല ഇച്ഛയും കൂടാതെ ഒന്നിനു വേണ്ടിയിട്ടല്ലാതെ ഉണ്ടാവുന്ന ഒരു പ്രിയം എന്തിനാ പ്രിയം ചോദിച്ചാൽ ആ പ്രിയത്തിന് കാരണമൊന്നുമില്ല ഇത് രണ്ടും യോഗത്തിൻ്റെ പരമകാഷ്ടയിൽ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് ഇതിലേതെങ്കിലും ഒന്നുദിക്കും ചിലർക്ക് ഭക്തിയുടെ സംസ്കാരം ഉണ്ടാവും ചിലർക്ക് ജ്ഞാനത്തിൻ്റെ സംസ്കാരം ഉണ്ടാവും ജ്ഞാനത്തിന്റെ സംസ്കാരമുള്ളവർക്ക് അറിഞ്ഞിട്ട് അടങ്ങും ഭക്തിയുടെ സംസ്കാരമുള്ളവര് ആദ്യം തന്നെ അടങ്ങിയിട്ട് പിന്നെ അറിയും രണ്ടു വിഷയം ഒന്ന് ഒന്ന് അറിഞ്ഞ് അടങ്ങുക മറ്റേത് അടങ്ങിയ ശേഷം അറിയുക ഇതിനാണ് യജ്ഞം ദാനം തപസ് തപോയജ്ഞാനാദിശുദ്ധബുദ്ധേ എന്ന് ശങ്കരാചാര്യരോടത്ത് പറയണു ശുദ്ധബുദ്ധി എങ്ങനെ വരും തപോയജ്ഞ ദാനാദിഭിശുദ്ധ ബുദ്ധേ തപം യജ്ഞം ദാനം മുതലായിട്ടുള്ളത് കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായിട്ട് ആത്മജ്ഞാനിയായ ഒരു ആചാര്യനെ സമീപിച്ച് തത്വം ചോദിച്ച് അറിയുന്നു ഇതാണ് സമ്പ്രദായം ആ ജ്ഞാനമാണ് സന്യാസം എന്ന് ഭഗവാൻ പറഞ്ഞു ജ്ഞാനത്തിന്റെ സ്വരൂപമാണ് സന്യാസം എന്ന് പറഞ്ഞു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യ സന്യാസം എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നർത്ഥം എന്തിനെയാ ത്യജിക്കണത് എന്ന് പറയുമ്പോൾ വെളിച്ചം വരുമ്പോ എന്ത് ത്യജിക്കപ്പെട്ടു ഇരുട്ട് ത്യജിക്കപ്പെട്ടു അതുപോലെ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ അനാത്മവിഷയങ്ങൾ താനേ വീണുപോയി മറ്റു വിഷയങ്ങൾ താനേ വീണുപോയി സ്വാഭാവികമായിട്ട് തീരാ എങ്കിലും അർജുനൻ ഭഗവാനോട് ചോദിച്ചു ഈ ത്യാഗത്തിന്റെ സ്വരൂപം ഒന്ന് പറഞ്ഞു തരൂ അപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രകരണത്തിലേക്ക് പ്രവേശിച്ച് ഇന്നലെ പറഞ്ഞു നിയതസ്യത്വ സന്യാസ കർമ്മണോ നോപദ്ധ്യത മോഹാത്ത് തസ്യ പരിത്യാഗ താമസ പരിക്കീർത്തി നിയതകർമ്മത്തിനെ ഉപേക്ഷിക്കണത് മോഹമാണ് അജ്ഞാനമാണ് തമസാണെന്ന് അവനവൻ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മത്തിനെ ഉപേക്ഷിക്കണത് കർമ്മം നമ്മളെ വിട്ടുപോകുന്നതിനും കർമ്മത്തിനെ നമ്മൾ വിഴുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് തേങ്ങ എത്ര ചരകിയാലും ആ ചരട്ടയിൽ കുറെ ഒട്ടി പിടിച്ചിരിക്കും അത് കൊട്ടത്തേങ്ങ ആയാൽ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല അല്ലേ താനേ വിട്ടുപോരുമ്പോ ഉർവാറുഖം ഇവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത് ഉർവാറുഖം വെള്ളരിപ്പഴം പോലെ താനേ വിട്ടുപോരെയാണ് ഗളത്തി വീണു പോകും അപ്പോൾ ആ സ്വാഭാവികമായ ത്യാഗം വരെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് വരെ പക്ഷെ സ്വാഭാവികമായൊക്കെ ആ ത്യാഗം ജ്ഞാനം വരുമ്പോൾ ഉണ്ടാവണതാണ് അർജുനൻ ഇവിടെ ചോദിക്കണത് സാധനാ വിഷയമാണ് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കണത് നമ്മൾ ചോദിക്കണ ചോദ്യാ പലപ്പോഴും ഒരു സത്സംഗം കഴിയുമ്പോൾ ആട്ടെ ആട്ടെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാത്ത കുറവൊന്നുമല്ല പറഞ്ഞു കൊടുത്താൽ ഒന്നും ചെയ്യുമെന്നില്ല അല്ലേ എന്നാലും ചോദിക്കും നമ്മളുടെ ഒരു മര്യാദയ്ക്കായിട്ട് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം പറയൂ രാവിലെ നാലുമണി മുതൽ രാത്രി വരെ റൂട്ടീൻ എത്ര റൂട്ടീനായിട്ട് കൊടുത്തിരിക്കണം നമ്മൾ റൂട്ടീൻ ഇടും ശാസ്ത്രം റൂട്ടീൻ തരണ്ട് ഗുരു റൂട്ടീൻ തരും ഒന്നും തരണതിനൊന്നും കുഴപ്പമില്ല ഇന്നലെ തന്നെ നമ്മൾ റൂട്ടീൻ പറഞ്ഞല്ലോ അല്ലേ പ്രാതർവൈദിക സഞ്ചിന്തയാ പശ്ചാത്തഭാരത മോക്ഷധർമ്മ മനനാത്ത് വാസിഷ്ഠ രാമായണാത്ത് യം ഭാഗവതാഥി കഥയാത്രോ നിധിധ്യാസനോ ഗതി നരീരഭരണ പ്രാരബ കണ്ടു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാലത്ത് മുതൽ രാത്രി വരയ്ക്കും ഭാഗവതം രാമായണം गीता। പിന്നെയും പല വിധത്തിലുള്ള റൂട്ടീനൊക്കെ പറഞ്ഞുകൊടുത്തു ജപശ്രാന്ത പുനർധ്യായത് ധ്യാനശ്രാന്ത പുനർജപേത് ജപധ്യാനാഭിയുക്ത പ്രസീതതി പരശിവ ജപിക്കാനിക്കുക ജപിക്കുക ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു ജപിക്ക അത് കഴിഞ്ഞാലോ ധ്യാനിക്കുക അത് വിട്ടുണർന്നാലോ ജപിക്കുക ജപധ്യാനാഭയുക്തസ്യ പ്രസിദതി പര ശിവ ഇങ്ങനെ ജപദ്ധ്യാനനിഷ്ഠനായിട്ടിരിക്കുന്നവന് അന്തര്യാമിയായ ശിവൻ പ്രസാദിക്കും ജ്ഞാനം പ്രകാശിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ റൂട്ടീനൊക്കെ കിട്ടിയാലും റൂട്ടീന്റെ കുറവല്ല അത് ചെയ്യാൻ പറ്റണില്ല ദുര്യോധനന്റെ സൂക്കടാണ് നമുക്കൊക്കെ ദുര്യോധനന്റെ അറിവിന്റെ കുറവൊന്നുമില്ല ദുര്യോധനൻ പറഞ്ഞു കൃഷ്ണൻ ഉപദേശിച്ചപ്പോ ഇതാണ് ധർമ്മം ഇത് അധർമ്മം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്ത് തരാം എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് ജാനാമി ധർമ്മം എനിക്ക് ധർമ്മം നല്ലവണ്ണം അറിയാം നച്ചമേ പ്രവൃത്തി എന്നെ കൊണ്ട് ജാമി അധർമ്മം അധർമ്മം എനിക്ക് നല്ലവണ്ണം അറിയാം നെ നിവൃത്തി എനിക്ക് ഉപേക്ഷിക്കാമ ഇതാണ് സ്ഥിതി ധർമ്മം അവിര പാപം പ്രയത്നേന സമാചരത്തി ആശ്ചര്യമേ ദ മനുഷ്യലോകെ അമൃതം പരിതജ്യ വിഷം പിബന്തി അമൃതത്തിനെ തട്ടിക്കളഞ്ഞിട്ട് വിഷം വാങ്ങിച്ചു കുടിക്കണമെന്ന് ഇല്ലേ നമ്മളിപ്പോ കിണറൊക്കെ ഇട്ട് മൂടിയിട്ട് പെപ്സി വാങ്ങി കുടിക്കണല്ലേ അതുപോലെ അമൃതം പരിത്യജ്യ വിഷം പിബന്തി ധർമ്മം വളരെ ലളിതമാണ് സരളമാണ് ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കണത് എന്ന് വെച്ചാൽ ഗീത എങ്ങനെയാ തുടങ്ങണത് ആദ്യത്തെ വാക്കെന്താ ഏ ധർമ്മ ക്ഷേത്രേ കുരുക്ഷേത്രേ അവസാനിക്കണത് എങ്ങനെയാ എത്ര യോഗേശ്വര കൃഷ്ണ യത്ര പാർത്ഥോ ധനുധരീ വിജയോ ഭൂതിർധ്രുവാതിർമ അപ്പോ ധർമ്മ ഗീതയുടെ സെൻസ് മമ ധർമ്മ എന്റെ ധർമ്മം എന്റെ ജീവിതം എന്റെ ജീവിതത്തില് സാധിക്കേണ്ടതായിട്ടുള്ള പൂർണത്വം സാക്ഷാത് അഭ്യുദയനിശ്രയ സഹേതു സധർമ്മ ധർമ്മത്തിന് വ്യാഖ്യാനം പറഞ്ഞു ഇവിടെ സൗഖ്യമായിട്ട് ഇരിക്കണം പരമാർത്ഥത നിശ്ചയം ഉണ്ടാവുകയും വേണം ജ്ഞാനമുണ്ടാവുകയും വേണം അതിന് ധർമ്മം എന്നു പേര് അപ്പൊ ആ ധർമ്മത്തിനാണ് യജ്ഞം ദാനം തപസ്സൊക്കെ വെച്ചിരിക്കണത് നിസ്വാർത്ഥതയാണ് ധർമ്മത്തിന്റെ ഹൃദയം എവിടെ സ്വാർത്ഥതയുണ്ടോ അവിടെ അധർമ്മുണ്ട് എല്ലാ അധർമ്മവും സ്വാർത്ഥതയെന്ന് വരും എല്ലാ ധർമ്മവും നിസ്വാർത്ഥതയെന്ന് വരും അപ്പൊ ധർമ്മത്തിന്റെ അന്തരാത്മാവ് ചിതശുദ്ധിയാണ് ത്യാഗമാണ് അപ്പോ ത്യജിക്കേണ്ടത് ഈ ഹങ്കാരത്തിനെ അജ്ഞാനത്തിനെയാണ് അല്ലാതെ ബാഹ്യമായ കർമ്മത്തിനെയല്ല ബാഹ്യമായ കർമ്മത്തിനെ ത്യജിച്ച് ഉള്ളിലുള്ള ദോഷം ത്യജിച്ചിട്ടില്ലെങ്കില് കർമ്മം ത്യജിച്ചിട്ടില്ല ത്യജിച്ചാലും ഉള്ളിൽ ദോഷം നിൽക്കും അപ്പോ നിയതസ്യത്വ സന്യാസ കർമ്മണോ നോപ്പപദ്ധ്യത ഭഗവാൻ പറഞ്ഞു നിയതമായിട്ടുള്ള കർമ്മം ഏത് നമുക്ക് യജ്ഞം ദാനം തപസ് ഇതൊന്നും ത്യജിക്കരുത് അത് ത്യജിക്കുന്നത് മോഹം കൊണ്ടാണ് മോഹം എന്ന് വെച്ചാൽ അജ്ഞാനം എന്ന അർത്ഥം അർത്ഥം സത്സംഗം സത്സംഗത്തിന്റെ ഇഫക്ട് എന്താ സത്സംഗത്വ നിസ്സംഗത്വം നിസ്സംഗത്വ നിർമോഹത്വം അല്ലെ ഇഫക്ട് എന്താന്ന് വെച്ചാൽ ഈ മോഹം പോവുക അജ്ഞാനം നിവൃത്തമാവുക ഈ അജ്ഞാനം നിവൃത്തമാകുമ്പോൾ നമ്മൾ കർമ്മത്തിനെ വിടുന്നതിന് പകരം ഉള്ളിലുള്ള ദോഷത്തിനെ വിടും ഉള്ളിലുള്ള ദോഷത്തിനെ വിടാതെ പുറത്തുള്ള കർമ്മത്തിനെ വിട്ടാൽ ആ ഇഫക്റ്റ് ഉണ്ടല്ലോ ശാന്തി അമൃതാനുഭവം അതൊന്നും കിട്ടുമൊന്നുമില്ല ചിലർ ഈ കർമ്മം കൊണ്ട് ദൂഷ്യമാണെന്ന് പറഞ്ഞ് കർമ്മമൊക്കെ വിട്ടിട്ട് ഏകാന്തത്തിലിരുന്നാൽ കാണാം ഈ കർമ്മത്തിന്റെ സൂക്ഷ്മ രൂപങ്ങൾ ഇവരുടെ ചിത്രത്തിന്റെ ഉള്ളിൽ കിടക്കണുണ്ട് വാസനയായിട്ട് ഈ കർമ്മം എന്ന് പറയുന്നത് ഒരു ഡബിൾ ഹേറ്റഡ് സ്വാഡ് മാതിരിയാണ് ചെയ്താൽ ബന്ധത്തിൽ കൊടുക്കും ചെയ്തിട്ടില്ലെങ്കിൽ വിഷമത്തിലാവും നിലകണ്ഠ ദീക്ഷിതർ പറഞ്ഞു കർമ്മ യഥി കർമ്മ ത്യജേമ നൂനമധേയ നിലഖണ്ഠ ദീക്ഷിതർ പറഞ്ഞു വേദം വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ ത്യജിച്ചാൽ എനിക്ക് അധ്യാത്മമായിട്ട് ഞാൻ പതിച്ചു പോകും യതി ആചരയമ ഞാൻ ആചരിച്ചാലോ എൻ്റെ കഥാപി ഭവം തറയമ്മ ഈ സംസാര തരണമേ നടക്കില്ല അത് അപ്പം എന്താ കുഴപ്പം യതി ന ആചരയമ ഞാൻ കർമ്മം വേദം വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അധ്യാത്മപഥത്തു നിന്ന് ചെയ്താലോ സംസാരത്തുനിന്ന് തരണം ചെയ്യാനേ പറ്റില്ല കാരണം അതിലൊരുപാട് അജ്ഞാനങ്ങൾ കാമനകളൊക്കെ ഉണ്ട് ഇപ്പൊ എന്താ ചെയ്യ കർമ്മ കർമ്മം ചെയ്യൂ കർമ്മം ഉപേക്ഷിക്കൂ വേദം എന്തർത്ഥത്തിലാ പറയണത് ഭഗവാനേ എന്ന് പറയാ അപ്പോ ഈ വിഹിത അനുഷ്ഠിക്കണം അത് ഒരു ഒരു ഒരു ദൃഷ്ടാന്തം പറയും ഒരാള് വയറുവേദന വന്ന് വൈദ്യന്റെ അടുത്ത് പോയി അപ്പൊ വൈദ്യൻ ഡയഗ്നോസിസ് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് ഒരുപാട് നെയ് കഴിച്ചിട്ടാ എന്ന് പറഞ്ഞു മരുന്ന് തരാ സാറില്ല അന്ന് വന്ന് പോയി ഒരു ബോട്ടിൽ കൊണ്ടുവന്നു അന്ന് എന്താ ഇത് ഈ നെയ് കഴിച്ചാൽ മതി ശരിയായിക്കൊള്ളുന്നു സൂക്കേട് വയറിന് വന്നിരിക്കണത് നെയ്യ് കഴിച്ചിട്ടാണ് അതിന് മരുന്ന് നെയ്യ് പക്ഷെ ഈ നെയ്യില് എന്തോ മരുന്നൊക്കെ ചേർത്തിട്ടുണ്ട് ഔഷധികളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോ അത് മരുന്നായിട്ട് തീരണു അല്ലേ അതേപോലെ കർമ്മവ്യാധിക്ക് കർമ്മത്തിനെ ജ്ഞാനം കൊണ്ട് യജിച്ചു നീക്കുന്നതാണ് മരുന്ന് കർമ്മം തന്നെ മരുന്നാവില്ല കർമ്മണ കർമ്മനിർഹാറോ നീ ആത്യന്തിക ഇഷ്യത്തെ കർമ്മം ചെയ്യണു പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അതിന് പുറകിലുള്ള പ്രിൻസിപ്പിൾ യോഗം അറിവ് അതോടുകൂടെ ഈ കർമ്മം ചെയ്യണു അങ്ങനെ ചെയ്താൽ യു വിൽ ഗെറ്റ് റിലീസ്ഡ് അത് തന്നെ നീ ചെയ്യുന്ന കർമ്മം തന്നെ യോഗമായിട്ട് തരും ആളുകൾ ഈസി ആയിട്ട് ഭഗവത്ഗീത കോട്ടിയും എങ്ങനെയാന്ന് വെച്ചാൽ ഗീതയിൽ എന്താ പറഞ്ഞിരിക്കണത് നമ്മളുടെ ഡ്യൂട്ടി ചെയ്യ എളുപ്പത്തില് ഇതിനിപ്പോ ഇത്ര എഴുന്നൂറ് ശ്ലോകം വേണോ എഴുനൂറ് ശ്ലോകം വേണം നമ്മളുടെ ഡ്യൂട്ടി ചെയ്യാ എന്ന് പറയാനിപ്പൊ ഭഗവാൻ അർജുനന് വേ ഉപദേശിക്കണോ ഇത്ര കൂടിയാ ഭഗവാൻ അർജുനന് ഉപദേശിക്കണത് ഹേ പാർത്ഥ ഹേ മഹാബാഹു ഹേ കുന്ത നന്ദന ഹേ ഭാരത് എന്നൊക്കെ പറഞ്ഞു ലാളിച്ച് ലാളിച്ച് ലാളിച്ചാണ് പറയണത് അർജുനൻ എങ്ങനെങ്കിലും നന്നായി പോട്ടെ എന്നാണ് സഖാ സഖായമ ബ്രവീത് എന്ന് വേദം പറയുന്നു ഇത് അർജുന കൃഷ്ണ സംവാദത്തിനെ പറയണതാണോന്ന് തോന്നുന്നു സഖാ സഖായ വേദത്തിലെ തന്നെ വരണ ഒരു വാക്കുണ്ട് അഹശ കൃഷ്ണ മഹ അഹർ അഹർ അർജുനം അർജുനൻ കൃഷ്ണൻ എന്നുള്ളത് രണ്ടും പകലിനുള്ള പേരായിട്ട് വേദം പറയണ്ട് അതായത് ഇവർക്ക് പേരിലും ഐക്യമാണെന്ന് കൃഷ്ണൻ എന്ന് പറഞ്ഞാലും അർജുനൻ എന്ന് പറഞ്ഞാലും പകൽ എന്നാണ് വേദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് അതായത് സൂര്യ വെളിച്ചം എന്ന ഇവർക്ക് പേരു പോലും ഒന്നാണ് ഗീത ഉപദേശിക്കുന്ന ആള് കൃഷ്ണനാണ് കേൾക്കണാള് കൃഷ്ണനാണ് കാരണം അർജുനനും കൃഷ്ണൻ എന്നൊരു പേരുണ്ട് എഴുതിയ ആള് കൃഷ്ണദ്വൈപായനൻ വ്യാസനും കൃഷ്ണനാണ് അതിലും കൃഷ്ണ ഭയമാണ് ഉപദേശിക്കണ ആളും കേൾക്കണാളും ഒക്കെ കൃഷ്ണൻ അപ്പൊ അങ്ങനെ ഗീത ഉപദേശിക്കുമ്പോ ഈ ഗീതയുടെ സാരം ശരിക്കും ഗ്രഹിച്ച ആളാരാ സാധാരണ പറയും ധൃതരാഷ്ട്രനും കേട്ടു അല്ലെ സഞ്ജയനും കേട്ടു അർജുനനും കേട്ടു പക്ഷേ ഇതിന് ഒരു സീൽ കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നത് ഈ കൊടിയിലിരുന്ന ആൾ മാത്രമാണെന്നാണ് ഹനുമാൻ കറക്റ്റ് എന്ന് പറയാൻ യോഗ്യതയുള്ള ആൾ ആരാച്ചാ ആഞ്ജനേയ സ്വാമി പൂർണജ്ഞാനി ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം ബുദ്ധിമതാം വരിഷ്ടം അല്ലേ ജ്ഞാനിനാം അഗ്രഗണ്യം ജ്ഞാനികളില് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആഞ്ജനേയനാണത്ര ഗീതയുടെ സാരം ഗ്രഹിച്ചാണ് അദ്ദേഹം ഗീത ഉപദേശിക്കുന്നതിന് മുമ്പ് തന്നെ ഗീത ഉള്ളിലുള്ള ആളാണ് എത്ര പ്രവർത്തി ചെയ്തു എത്ര ഗംഭീരമായി പ്രവർത്തിച്ചു ഒന്നും അദ്ദേഹത്തിനൊന്നും സ്പർശിച്ചതേ ഇല്ല സർവസ്വതന്ത്ര ഒരു കർമ്മം ചെയ്യാത്ത ഒരു സന്യാസിയാണോ ഹനുമാൻ എല്ലാത്തിന്റെ നടുവിലും പോണു സുന്ദരകാന്ഡത്തിൽ സീതയെ അന്വേഷിക്കാൻ പോകുമ്പോ രാവണന്റെ അന്തപുരത്തിൽ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു പോവാ അപ്പൊ ഇടയിൽ ഒരു സംശയം തോന്നി ഐ ഞാനൊരു ബ്രഹ്മചാരി ഈ സ്ത്രീകളെയൊക്കെ നോക്കിക്കൊണ്ട് സീതയാണോ സീതയാണോന്ന് അന്വേഷിച്ചു പോണ്ടല്ലോ ഇത് തെറ്റല്ലേ തോന്നാണ് ഉള്ളില് എന്നിട്ട് സ്വയം ഉള്ളില് പറയാണ് മനോഹി ഹേതുഹു സർവേഷാം ഇന്ദ്രിയാണ പ്രവർത്തന മനസ്സാണ് ഇന്ദ്രിയങ്ങളെ ഒക്കെ വിഷമിപ്പിക്കണത് വഴിതെറ്റിക്കണത് അത് സർവതാ എപ്പോഴും സച്ചമേ സുവ്യവസ്ഥിതം എന്നാണ് അതൊരിക്കലും എന്നെ വിട്ട് എന്റെ സ്ഥിതി വിട്ട് ഒരിക്കലും ചലിച്ചു പോകില്ല എന്നാണ് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് യാതൊരു ദൂഷ്യമും ഇല്ല ഞാൻ പിന്നെ വേറെ എവിടെ പോയി തെരയും സ്ത്രീ നഷ്ടപ്പെട്ടാൽ കാട്ടിലും മാനുകളുടെ ഇടയിൽ പോയി തെരയാൻ പറ്റുമോ എന്നാണ് ചോദിക്കണത് അർജുനം അതുകൊണ്ട് ഹനുമാൻ ഇവിടെ തന്നെ തെരയണ്ടേ റിഞ്ഞു എല്ലാം ചെയ്തു ഒന്നും ഒരു ഒന്നും ചെയ്യാൻ വയ്യാത്ത ആളൊന്നുമല്ല ആവശ്യമില്ലാത്ത സ്ഥലത്ത് വർത്തമാനം പറയില്ല എല്ലാരും നൂറ് യോജന ചാടാൻ പറഞ്ഞപ്പോ പത്തടി ചാടും എന്ന് പറഞ്ഞു തുടങ്ങിയ കുരങ്ങന്മാരാ എല്ലാരും പറഞ്ഞിട്ടും ഹനുമാൻ ഒന്നും ഇണ്ടില്ല ജാം ഭവാൻ ചോദിക്കുകയാണ് അറിയുന്ന മഹാബുദ്ധിയേയും എന്താ ഈ വായടച്ച മിണ്ടാതിരിക്കണത് ഉത്ഷ്ടരിധൂല ലംഘയം പരാഹി ഹനുഗ്യാ ഗതിഷ്ഠ ഹരി പറഞ്ഞ് എഴുന്നേപ്പിക്കാം അങ്ങനെ ആഞ്ജനേസ്വാമി ഗീതയുടെ താല്പര്യം ശരിക്കും അറിഞ്ഞ സമുദ്ര ലംഘനം ചെയ്ത് സീതയ്ക്ക് ദർശനം കൊടുക്കുമ്പോൾ അവിടെ സീതയാണ് പറയണത് വാ സീത ഹനുമാനെ കാണുമ്പോ പാതാത്മചം ബുദ്ധിമതാം വരിഷ്ഠം ജ്ഞാനികളിൽ അഗ്രഗണ്യൻ അങ്ങനെയുള്ള ഹനുമാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം കർമ്മം ഒന്നും എല്ലാ കർമ്മം ചെയ്തു ഗംഭീരമായ കർമ്മം മല പുഴക്കി കൊണ്ടുവന്നു മരുന്നിനു പകരം മല തന്നെ കൊണ്ടുവന്നു അല്ലേ ത്തിരി മരുന്നല്ല ചിലർ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാൻ പറഞ്ഞാൽ പോയ ആളെ കാണുകയില്ല മലയെ കൊണ്ടുവന്നു മരുന്ന് കൊണ്ടുവരുന്നതിന് പോയ ആള് മലയെ എടുത്തു കൊണ്ടുവന്നു രാവണൻ തന്നെ ഹനുമാൻറെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയപ്പോ പറഞ്ഞു ഇതുപോലൊരു അടി ഞാൻ ഒരു സ്ഥലത്തും വാങ്ങിച്ചിട്ടില്ല രാവണന് പോലും ഹനുമാന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ട് അതിലൊരു ഗൗരവമാണ് ഇങ്ങനെ അടി ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല ചില സ്ഥലത്ത് അടി കൊടുക്കേണ്ട സ്ഥലത്ത് അടി കൊടുക്കണം ജ്ഞാനം എന്ന് പറഞ്ഞ ഞെഞ്ഞ മിഞ്ഞേന്ന് ഇരിക്കാൻ പാടിയാണ് വിവേകാനന്ദ സ്വാമി ഒരിക്കൽ അമേരിക്ക ഷിപ്പില് ഡെക്കിൽ ഇരിക്കുമ്പോ ഒരാള് ഹിന്ദുമതത്തിനെ നിന്ദിക്കാൻ തുടങ്ങി സ്വാമി തിരിച്ച് അവർക്ക് ഉത്തരം പറഞ്ഞുകൊടുത്തു അവരുടെ മതത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് വാദിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ കൊറേ ആദ്യം വാദം ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അവസാനം വിതണ്ടാവാദമായി വായി തോന്നിയതൊക്കെ പറയാൻ തുടങ്ങി അപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞു ദൈ ഇപ്പൊ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഞാൻ എടുത്ത് കടലിലിട്ട് കളഞ്ഞു ഒരാൾക്കും അറിയില്ല തമാശിനെ പറഞ്ഞതാണെങ്കിലും പറയാ അപ്പോ അതൊക്കെ സന്യാസി ഇങ്ങനെ പറയാൻ പാടുവോ സന്യാസി എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞാലും ഉണ്ടാതിരിക്കണ്ടേ അവരവരുടെ ധർമ്മം എന്താണോ അവരവരുടെ പ്രകൃതി എന്താണോ ആ പ്രകൃതി എന്ന് ചലിക്കണേയില്ല പ്രകൃതിയൊന്നും മാറില്ല ഒരു പൂച്ച പൂച്ചയായിട്ടേ ഇരിക്കും ഒരു പൂച്ച ഒരു സ്വാമിയാരുടെ ആശ്രമത്തിൽ വളരെ വർഷങ്ങളായിട്ട് പാലുകുടിച്ചിരിക്കുന്നുണ്ട് ആ പൂച്ചയ്ക്ക് ഒരു ദിവസം സ്വാമികൾ ആർക്കും ഉപദേശിക്കുന്നത് കേട്ടിട്ട് പൂച്ച വളരെ സാത്വികമായിട്ട് വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു പൂച്ച സന്യാസി വന്നിട്ട് പറഞ്ഞു സ്വാമിജി എനിക്കും നല്ലവനാകണം എനിക്കെന്തെങ്കിലും ഉപദേശിക്കോ എന്ന് ചോദിച്ചു എങ്ങനെ തനിക്ക് നല്ലവനാവണ്ട അല്ല സാത്വികനായിട്ട് മാറണം അപ്പൊ ഒരു കാര്യം ചെയ്യൂ തനിക്കൊരു മന്ത്രം തരാം എന്താ മന്ത്രം നാഹം ആഘും ഭക്ഷയാമി ഞാൻ എലിയെ തിന്നില്ല അതാണ് മന്ത്രം മന്ത്രത്തിന്റെ അർത്ഥം ഇത് ജപിക്കാൻ പറഞ്ഞു അപ്പൊ പൂച്ച അങ്ങനെ ഇരുന്ന് ഏകാന്തത്തിലിരുന്ന് നാഹം ആഘും ഭക്ഷയാമി ഞാൻ ആഘു എലിയെ തിന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നു സ്വാമികളും ശരിയാളും നന്നാവും മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ എലി തിന്നില്ല എലി തിന്നില്ല പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇടയിൽ കൂടെ എന്തൊക്കെയോ കേട്ടു പാത്രം ഉരുളത് കേട്ടു പിന്നെ കൃക്ക് ഒരു ശബ്ദം കേട്ടു അവിടെ നോക്കുമ്പോ സ്വാമികൾ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വായിലിവിടെ എന്തോണ്ട് പൂച്ചയുടെ എന്താ എന്തോ മുമ്പ് കൂടെ പോയി ചാടി പിടിച്ചെടുത്ത് വായിൽ ഇട്ട് കിടന്നു ഇതെന്താ പ്രകൃതി സ്വഭാവം അല്ലേ പ്രകൃതേദന്യഥാഭാവവും കഥഞ്ചിത് ഭവിഷ്യതി ഒരാളുടെ പ്രകൃതി പൂച്ചയെ നായാക്കി മാറ്റാൻ പറ്റോ പ്രകൃതി മാറില്ല അല്ലേ അതുപോലെ മനുഷ്യനും ഒരു നിയത്തി ഒരു പ്രകൃതി ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് നമ്മള് സാധാരണ പറയുന്ന ശ്ലോകത്തില് കായേന വാച മനസേന്ദ്രിയേർവ വാ പിന്നെ പ്രകൃതേഹ സ്വഭാവാദ് അല്ലേ ഈ പ്രകൃതേഹ സ്വഭാവാദ് ബാക്കി എല്ലാത്തിനു പുറകിലും അധ്യാഹരിക്കണം പ്രകൃതേഹ സ്വഭാവാത് കായേന് പ്രകൃതേഹേ സ്വഭാവാത് വാച പ്രകൃതേഹേ സ്വഭാവാത് ബുദ്ധിയാ പ്രകൃതേഹെ സ്വഭാവാദ് ആത്മനാ ആ പ്രകൃതിയാണ് റിസർവായർ അതിലുള്ള വാസനക്കനുസരിച്ച് നേച്ചറിനുസരിച്ചാണ് ഇയാളുടെ കൈയും കാലും കണ്ണും മൂക്കും കാതും ഒക്കെ പ്രവർത്തിക്കുന്നത് അപ്പൊ ആ പ്രകൃതിയെ ഭഗവാനു കൊടുക്കാണ് പ്രകൃതിയാണ് നാരായണായേതി സമർപ്പയാമി എന്തിനെ സമർപ്പിക്കണു പ്രകൃതി ഇത് ഗീതയുടെ അവസാന വാക്കാണ് നമ്മൾ കാണേണ്ടതാണ് പിന്നീട് നോക്കാം അപ്പോ ഇവിടെ ഭഗവാൻ പറഞ്ഞു അയ്യോ ഈ കർമ്മം വളരെ വിഷമമാണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത് ഏത് കർമ്മം അനുഷ്ഠാനാദികളാണെങ്കിലും കായക്ലേശ ഭയം കൊണ്ട് ആര് ത്യജിക്കണോ അവന് ത്യാഗത്തിന്റെ ഫലമില്ലക്കടം വയ്യ ഒരു പണി ചെയ്യാൻ പറഞ്ഞല്ലേ അനങ്ങാതെ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ദുഃഖമിത്യേവർമാ യാജേത് സൃത്വ രാജസം ത്യാഗം ലഭേത് നൈവത്യാഗഫലം ലഭേത് ത്യാഗത്തിന്റെ ഫലം അയാൾക്ക് കിട്ടില്ല ആർക്കാ രാജസത്യാഗി രജോ ഗുണമയനായ ത്യാഗി അയാളുടെ ത്യാഗത്തിന് പുറകിൽ മോട്ടീവ് ഉണ്ട് ഡിസയർ ഉണ്ട് അഹങ്കാരമുണ്ട് സ്വാർത്ഥതയുണ്ട് വേഷം കിട്ടുന്നുണ്ട് അയാൾക്ക് ത്യാഗത്തിന്റെ ഫലമൊന്നും ഉണ്ടാവില്ല എന്തുകൊണ്ട് അയാൾ ത്യജിച്ചു എന്ന് വെച്ചാൽ അത് വേണ്ട കുടുംബം നോക്കാൻ വയ്യാണ് മെനക്കെട് രമണ മഹർഷിയുടെ ഒരു ഭക്തൻ സീരി നടന്ന ഇൻസിഡന്റാണ് വിരൂപാക്ഷ ഗുഹയില് മലയിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു ഭഗവാൻ ഞാൻ കുടുംബമൊക്കെ വിട്ടു എന്തിനാണ് ഭാര്യ എട്ടു പ്രസവിച്ച് എട്ടും പെൺകുട്ടികളാണ് വീണ്ടും ഗർഭിണിയായിരിക്കുന്നത് ഇനി ആൺകുട്ടിയാണെങ്കിൽ ഞാൻ തിരിച്ചു പോവാം അപ്പോ ഇത് എന്ത് സന്യാസമാത് അല്ലേ ആൺകുട്ടി ജനിച്ചില്ല എന്ന് പറഞ്ഞു കുടുംബത്തിനോട് വൈരാഗ്യണ്ടായിട്ട് ഇദ്ദേഹം പോയി നിൽക്ക രാജസം ത്യാഗം നൈവത്യാഗലം ലഭിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാരണം കാരണം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി എന്തെങ്കിലും വിഷമുണ്ടായി അതിനൊരു പരിഹാരം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ വിട്ടിട്ട് പോയി ഒരാശ്രമത്തിൽ പോയി സൗഖ്യമായിട്ട് ഈ ആശ്രമം കിട്ടണത് വളരെ ഡേഞ്ചറസ് ആ എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ കേസുകളൊക്കെ വന്ന് കയറിയിരുന്നുകളെയും ചില നിറയെ സ്വാമിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അറിയാതെ സന്യാസം കൊടുത്തു പോയിരുന്നു കാരണം ആളെ കിട്ടണില്ലേ അപ്പൊ കിട്ടിയ ആൾക്ക് കൊടുക്കുക കൊടുത്തതാണ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നോക്കുന്നത് ഇവനതിന് യാതൊരു യോഗ്യതയില്ല രാജസം ത്യാഗം എന്തോ ഒരു വിഷമത്തിന്ന് രക്ഷപ്പെടാനായിട്ട് ഇയാൾ വന്ന് കാഷായം ചോദിച്ചു ആഗമാനന്ദ സ്വാമി പറയും അവനെ സന്യാസി എന്ന് വിളിക്കരുത് അവൻ ചെമ്മുണ്ടൻ എന്ന് വിളിക്കാൻ അതായത് ചെവന്ന് മുണ്ടുടുത്താള് അർത്ഥമാണ് ചവന്ന് മുണ്ടു കൊടുത്താള് എന്ന് പറയാൻ പാടുള്ളൂ രാജസം ത്യാഗം ദുഃഖമിത്യേവ യത് കർമ്മ ഈ കർമ്മം എനിക്ക് വിഷമകരമാണ് ലോകജീവിതം എനിക്ക് ദുഃ വിഷമാണ് അതുകൊണ്ട് അത് ചെയ്യാൻ എനിക്ക് വയ്യ അതില് പെടാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് വിട്ടിട്ട് കായക്ലേശ ഭയം കൊണ്ട് ഇയാൾ ഒരു ത്യാഗം ചെയ്തിട്ട് വന്നു ഇയാളൊന്നും ത്യാഗിയല്ല ത്യാഗത്തിന്റെ ലക്ഷണം ത്യാഗത്തിന്റെ ഫലം ഭഗവാൻ പറയണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായത്തില് ഒരു ത്യാഗം ചെയ്തു എന്നുള്ളതിന്റെ ഇൻഡിക്കേറ്റർ നമുക്ക് ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ഒക്കെ അറിയണ പോലെ ത്യാഗം ചെയ്തു എന്നുള്ളതിന് ഇൻഡിക്കേഷൻ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ശാന്തി ത്യാഗാത് ശാന്തി അനന്തരം ശരിക്കും ഒരു കർമ്മത്തിൽ ത്യാഗം ചെയ്താലോ അല്ലെങ്കിൽ പരമാർത്ഥത്യാഗമായ സന്യാസം സർവസംഘ പരിത്യാഗം ചെയ്ത് കഴിയുമ്പോ എന്ന് പറയുന്ന അഭിമാനമും അങ്ങോട്ട് പോയി കഴിയുമ്പോ നല്ല ശാന്തി നിരതിശയമായ ശാന്തി അത് കർമ്മം കൊണ്ട് സാധിക്കണവർ വളരെ അപൂർവമാണ് സാധാരണ ഒരുപാട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൽ പെട്ട് വലഞ്ഞ് പുറത്തു വരാൻ കഴിയാതെ പത്മവ്യൂഹം പോലെയാണ് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റും പുറത്തേക്ക് വരാൻ പറ്റില്ല വിവേകാനന്ദ സ്വാമികൾ ജീവിതത്തിൽ അവസാനമാകുമ്പോൾ അദ്ദേഹം എഴുതിയ കത്തുകളൊക്കെ നോക്കാം ചില കത്തുകളിലൊക്കെ നയൻറ്റീൻ നയൻറ്റി ടു അതില് അദ്ദേഹം സമാധി ആയിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് അവസാനം ഒക്കെ എഴുതിയ കത്തുകൾ നോക്കിയാൽ കാണാം ഉള്ളില് നല്ല ശാന്തി ഞാൻ ചെയ്ത പ്രവർത്തനകളും പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും ലോകത്തിലെ മറ്റുള്ളവർക്ക് ഗുരുവായിരുന്നതും ഒക്കെ വെറും കള്ളം ലോകം മുഴുവൻ ജയിച്ചു എന്ന് നമ്മൾ വാഴ്ത്തുന്ന ഒരു സന്യാസി വരിയൻ പറയാണ് ഞാൻ പ്രഭാഷണം ചെയ്തതും ഗുരുവായിട്ടിരുന്നതും ലോകോദ്ധാരണ പ്രവർത്തനം ചെയ്തതും ഒക്കെ വെറും കള്ളം അകമയ്ക്ക് അദ്ദേഹം ശരിക്കും എഴുതുന്ന വാക്ക് നല്ല സ്വപ്നം കാണാതെ ഉള്ള സുഷുപ്തി സുഖമായ ഉറക്കം അത് വിട്ട് എഴുന്നേക്കുമ്പോ ഉള്ള സ്ഥിതി പോലെ ഒരു ശാന്തി ഐ ഡെയർ നോട്ട് ടു സ്പ്ലാഷ് അതാണ് വാക്ക് അതായത് ഞാൻ അടിക്കാൻ കൈ കൊണ്ട് വെള്ളത്തിൽ ഒന്ന് അടിച്ചാൽ അത് പോയി പോകുമോ എന്ന് എനിക്കൊരു ഭയം അതുകൊണ്ട് ഞാൻ അനങ്ങാൻ കൂട്ടാക്കുന്നില്ല ഐ എം ജസ്റ്റ് ആ ശാന്തി ആരാ കർമ്മം ചെയ്ത ഒരുപാട് കർമ്മം ഗംഭീരമായ കർമ്മം ചെയ്തു ഇപ്പൊ ഹനുമാൻ പറഞ്ഞല്ലോ വിവേകാനന്ദ ഒരു സ്ഥലത്ത് തന്നെ ഹനുമാനായിട്ട് തന്നെ പറയണ്ട Shippilu Poumpo Thamashaitu Kattta Yedithi Thana Pashatya Pariyadranam Malayala Thil One Pustak Sathikyo Vahyichu Noku That Malayala Thil Aanu Vivekananda Swamikana Yedithi Yedithi Yedithi Yedithi Thoen Thoenu Bengali Nangani Malayala Translation English Atthara Namukku Shariyavu Lya That Bengali Yedithi Tha Atthil Parayam Yan Pandu കടല് കടന്നുപോയിട്ടാണ് ഹനുമാന് രാക്ഷസികളെയൊക്കെ കാണാൻ സാധിച്ചത് അപ്പോ വെറുതെ മദാമ്മമാരെ വെച്ച് പറഞ്ഞതാണ് ഇപ്പൊ അവരൊക്കെ എന്റെ കൂടെ തന്നെ തവരേണ്ടതെന്നാണ് ക്ഷിപ്ത നല്ല മധുരമായി നർമ്മരസപ്രധാനമായി രസിച്ചും കൊണ്ട് എഴുതുന്ന